അധ്യായം ഒൻപത് അനന്തരം യരുബാലിന്റെ മകനായ അബിമെലേഖ് ഷേഖേമിൽ തന്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോടും തന്റെ അമ്മയുടെ ഹൃദർഭവനമായ സർവ്വകുടുംബത്തോടും സംസാരിച്ചു യരുബാലിന്റെ എഴുപത് പുത്രന്മാരും കൂടെ നിങ്ങളെ ഭരിക്കുന്നതോ ഒരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ നിങ്ങൾക്ക് ഏത് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാകുന്നു എന്ന് ഓർത്തുകൊള്ളവീൻ എന്ന് ഷേഖേമിലെ സകല പൌരന്മാരോടും പറഞ്ഞു അങ്ങനെ അവന്റെ അമ്മയുടെ സഹോദരന്മാർ ഷേഖേമിലെ സകല പൌരന്മാരോടും ഈ വാക്കുകളൊക്കെയും അവനു അവനുവേണ്ടി സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം അബിമേലേക്കിംഗൽ ചാഞ്ഞു അവൻ നമ്മുടെ സഹോദരനല്ലോ എന്ന് അവർ പറഞ്ഞു പിന്നെ അവർ ബാൽ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളിക്കാശ് എടുത്ത് അവന് കൊടുത്തു അതിനെക്കൊണ്ട് അബിമേലേക്ക് തുമ്പുകെട്ടവരും നിസ്സാരന്മാരുമായ ആളുകളെ കൂലിക്കുവാങ്ങി അവർക്ക് നായകനായിത്തീർന്നു അവൻ ഒഫ്രയിൽ തന്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന് യരൂബാലിന്റെ പുത്രന്മാരായി തന്റെ സഹോദരന്മാരായ എഴുപത് പേരെയും ഒരു കല്ലിന്മേൽ വച്ച് കൊന്നു എന്നാൽ യരൂബാലിന്റെ ഇളയ മകനായ ഒളിച്ചുകളഞ്ഞതുകൊണ്ട് ശേഷിച്ചു അതിന്റെ ശേഷം ഷേഖേമിലെ സകലാ പൌരന്മാരും ്രഹമൊക്കെയും ഒരുമിച്ചുകൂടി ചെന്ന് ഷേഖേമിലെ നാപകസമ്പത്തിനരികെയുള്ള കരുവേലത്തിങ്കൽ വച്ച് അബിമലേക്കിനെ രാജാവാക്കി ഇതിനെക്കുറിച്ച് യോധാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗരീസീം മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞതെന്തെന്നാൽ ഷേഖേം ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പി പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി അവ ഒലിവൃക്ഷത്തോട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കാം എന്ന് പറഞ്ഞു അതിന് ഒലിവൃക്ഷം ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്നു പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ അതിവൃക്ഷത്തോട് നീ വന്ന ഞങ്ങൾക്ക് രാജാവായിരിക്കാം എന്ന് പറഞ്ഞു അതിന് അതിവൃക്ഷം എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കും പറഞ്ഞു മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്നു പറഞ്ഞു പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാം എന്നു പറഞ്ഞു മുൾപടർപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നു എങ്കിൽ വന്ന് എന്റെ നിഴലിൽ ആശ്രയിപ്പീ അല്ലെങ്കിൽ മുൾപ്പടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലബാനോനിലെ ദേവദാരികളെ ദഹിപ്പിക്കട്ടെ എന്നു പറഞ്ഞു നിങ്ങളിപ്പോൾ അബിമേലേക്കിനെ രാജാവാക്കിയതിൽ വിശ്വസ്തതയും പരമാർത്ഥതയുമാകുന്നുവോ പ്രവർത്തിച്ചത് നിങ്ങൾ യരൂബാലിനോടും അവന്റെ കുടുംബത്തോടും നന്മയാകുന്നുവോ ചെയ്തത് അവന്റെ പ്രവൃത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമോ അവനോട് പ്രവർത്തിച്ചത് അപ്പൻ തന്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്ത് മിഥ്യാന്റെ കൈയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കെ നിങ്ങൾ ഇന്ന് എന്റെ അപ്പന്റെ ഗ്രഹത്തിന് വിരോധമായി എഴുന്നേറ്റ് അവന്റെ പുത്രന്മാരായ എഴുപത് പേരെയും ഒരു കല്ലിന്മേൽ വെച്ച് കൊല്ലുകയും അവന്റെ ദാസിയുടെ മകനായ അഭിമേലേ നിങ്ങളുടെ സഹോദരനായിരിക്കൊണ്ട് അവനെ ശേഖേം പൌരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തുവല്ലോ ഇങ്ങനെ നിങ്ങൾ ഇന്ന് എരുബാലിനോടും അവന്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയും എന്നുവരികിൽ നിങ്ങൾ അബിമേലേക്കിൽ സന്തോഷിപ്പി അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ അല്ലെങ്കിൽ അബിമേലേക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ശേഖേൻ പൌരന്മാരെയും മില്ലോ ഗ്രഹത്തെയും ദഹിപ്പിക്കട്ടെ ശേഖേൻ പൌരന്മാരിൽ നിന്നും മില്ലോ ഗ്രഹത്തിൽ നിന്നും തീ പുറപ്പെട്ടു അബിമേലേക്കിനെയും ദഹിപ്പിക്കട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് യോദ്ധാം ഓടിപ്പോയി ബേരിലേക്ക് ചെന്ന് തന്റെ സഹോദരനായ അബിമേലക്കിനെ പേടിച്ച് അവിടെ അബിമേലേഖ് ഇസ്രയേലിനെ മൂന്ന് സംവത്സരം ഭരിച്ച ശേഷം ദൈവം അബിമേലക്കിനും ഷേഖേൻ പൌരന്മാർക്കും തമ്മിൽ ഛിദ്രബുദ്ധി വരുത്തി ഷേഖേൻ പൌരന്മാർ അബിമേലക്കിനോട് ദ്രോഹം തുടങ്ങി അങ്ങനെ യരൂബാലിന്റെ എഴുപത് പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അബിമേലേക്കും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശേഖേം പൌരന്മാർ മലമുകളിൽ അവന് വിരോധമായി പതിയിരുപ്പുകാരെ ആക്കി അവർ തങ്ങളുടെ സമീപത്തുകൂടി വഴി പോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി ഇതിനെക്കുറിച്ച് അബിമേലക്കിന് അറിവുകെട്ടി അപ്പോൾ ഏബദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും വന്ന് കടന്നു ശേഖരന്മാർ അവനെ വിശ്വസിച്ചു അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടത്തിലെ കുല ഉത്സവം കൊണ്ടാടി തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിക്കുകയും അഭിമേലേക്കിനെ ശപിക്കുകയും ചെയ്തു ഏബദിന്റെ മകനായ ഗാൽ പറഞ്ഞത് അഭിമേലക്കിനെ നാം സേവിക്കേണ്ടതിന് അവനാർ ആർ അവൻ യരുബാലിന്റെ മകനും സെബൂൽ അവന്റെ കാര്യസ്ഥനും അവൻ ഷേഖേമിന്റെ അപ്പനായ ഹാമൂരിന്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ നാം അവനെ സേവിക്കുന്നത് എന്തിന് ഈ ജനം എന്റെ കൈക്കീഴായിരുന്നെങ്കിൽ ഞാൻ അബിമേലേഖിനെ നീക്കിക്കളയുകയും അബിമേലേക്കിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടുവരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു ഏബതിന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ നഗരാധിപനായ സെബൂലിന്റെ കോപം ജ്വലിച്ചു അവൻ രഹസ്യമായിട്ട് അബിമേലേഖിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഇതാ ഏബതിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും ിൽ വന്നിരിക്കുന്നു അവർ പട്ടണത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു ആകയാൽ നീയും നിന്നോടു കൂടെയുള്ള പടജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊൾവിൻ രാവിലെ സൂര്യനുദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കാം എന്നാൽ അവനും കൂടെയുള്ള പടജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തരം പോലെ അവരോട് പ്രവർത്തിക്കാം അങ്ങനെ അബിമേലേക്കും കൂടെയുള്ള പടജനമൊക്കെയും രാത്രിയിൽ പുറപ്പെട്ടു ശേഖേമിൻ അരികെ നാലു കൂട്ടമായി പതിയിരുന്നു ഏബദിന്റെ മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിന്റെ ഗോപുരത്തിങ്കൽ നിന്നപ്പോൾ അബിമേലേക്കും കൂടെയുള്ള പടജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു ഗാൽ പടജനത്തെ കണ്ടപ്പോൾ അത പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജനം ഇറങ്ങി വരുന്നു എന്ന് സെബൂലിനോട് പറഞ്ഞു സെബൂൽ അവനോട് പർവ്വതങ്ങളുടെ നിഴൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുകയാകുന്നു എന്ന് പറഞ്ഞു ഗാൽ പിന്നെയും അത പടജനം ദേശമധ്യേ ഇറങ്ങിവരുന്നു മറ്റൊരു കൂട്ടവും പ്രാശ്നിക്കാരുടെ കരുവേലകത്തിന്റെ സമീപത്തുകൂടി വരുന്നു എന്ന് പറഞ്ഞു സെബൂൽ അവനോട് ക്കിനെ സേവിക്കേണ്ടതിന് അവനാരെന്നു പറഞ്ഞ നിന്റെ വായ ഇപ്പോൾ എവിടെ ഇത് നീ പുച്ഛിച്ച പടജനമല്ലയോ ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പൊരുക എന്നു പറഞ്ഞു അങ്ങനെ ഗാൽ ശേഖയം പൌരന്മാരുമായി പുറപ്പെട്ട് അഭിമേലേക്കിനോട് പടവെട്ടി അഭിമേലേക്കിന്റെ മുമ്പിൽ അവൻ തോറ്റഓടി അവനവനെ പിന്തുടർന്ന് പടിവാതിൽ വരെ അനേകം പേർ ഹതന്മാരായി വിണു അബിമേലക് അരൂമയിൽ താമസിച്ചു സെബോൽ ഗാലിനെയും സഹോദരന്മാരെയും ഷേഖേമിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു പിറ്റേനാൾ ജനം വയലിലേക്ക് പുറപ്പെട്ടു അബിമേലക്കിന് അതിനെക്കുറിച്ച് അറിവ് കിട്ടി അവൻ പടജനത്തെ കൂട്ടി മൂന്ന് കൂട്ടമായി ഭാഗിച്ച് വയലിൽ പതിയിരുന്നു ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടുവരുന്നത് കണ്ട് അവരുടെ നേരെ ചെന്നു അവരെ സംഹരിച്ചു പിന്നെ അബിമേലേക്കും കൂടെയുള്ള കൂട്ടവും പാഞ്ഞു പട്ടണത്തിന്റെ പടിവാതിക്കൽ നിന്നു മറ്റേ കൂട്ടം രണ്ടും വയലിലുള്ള സകല ജനത്തിന്റെയും നേരെ പാഞ്ഞു അവരെ സംഹരിച്ചു അബിമേല അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുത് പട്ടണം പിടിച്ചു അതിലെ ജനത്തെ കൊന്നു പട്ടണത്തെ ഇടിച്ചുകളഞ്ഞു അതിൽ ഉപ്പ് വിതറി എല്ലാവരും ഇത് കേട്ടപ്പോൾ ഏൽബരിത്തിന്റെ ക്ഷേത്രമണ്ഡപത്തിൽ കടന്നു ശേഖേം ഗോപുരവാസികൾ എല്ലാവരും ഒന്നിച്ചുകൂടിയിരിക്കുന്നു എന്ന് അബിമേലക്കിന് അറിവുകിട്ടി അബിമേലക്കും കൂടെയുള്ള പടജനമൊക്കെയും സൽമോൻ മലയിൽ കയറി അഭിമേലെ കോടാലിയെടുത്ത് ഒരു മരക്കൊമ്പു വെട്ടി ചുമലിൽ വെച്ചു തന്റെ പടജനത്തോട് ഞാൻ ചെയ്തതു നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്വീൻ എന്നു പറഞ്ഞു പടജനമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പു വെട്ടി അബിമേലേഖിന്റെ പിന്നാലെ ചെന്നു മണ്ഡപത്തിനരികെ ഇട്ട് തീ കൊടുത്തു മണ്ഡപത്തോടു കൂടെ അവരെ ചൂട്ടുകളഞ്ഞു അങ്ങനെ ശേഖയും ഗോപുരവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം ആയിരം പേർ മരിച്ചുപോയി അനന്തരം അബിമേലേ തേബസിലേക്ക് ചെന്ന് തേബസിന് വിരോധമായി പാളയമിറങ്ങി അതിനെ പിടിച്ചു പട്ടണത്തിനകത്ത് ഉറപ്പുള്ള ഒരു ഗോപുരമുണ്ടായിരുന്നു അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവർ ഒക്കെയും ഓടിക്കടന്ന് വാതിലടച്ചു ഗോപുരത്തിന്റെ മുകളിൽ കയറി അഭിമേല് ഗോപുരത്തിനരികെ അതിനെ ആക്രമിച്ചു അതിന് തീ കൊടുത്ത് ചുട്ടുകളയേണ്ടതിന് ഗോപുരവാതിലിനടുത്ത് ചെന്നു അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിന്റെ പിള്ള അഭിമേലേക്കിന്റെ തലയിലിട്ടു അവന്റെ തലയോട് തകർത്തുകളഞ്ഞു ഉടനെ അവൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനെ വിളിച്ചു ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് അവനോട് പറഞ്ഞു അവന്റെ ബാല്യക്കാരൻ അവനെ കുത്തി അങ്ങനെ അവൻ മരിച്ചു അഭിമേലേക്ക് മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ ഇസ്രയേലിയർ താന്താങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി അഭിമേലേ തന്റെ എഴുപത് സഹോദരന്മാരെ കൊന്നതിനാൽ തന്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു ശേഖനിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി അങ്ങനെ യരുബാലിന്റെ മകനായ യോധാമിന്റെ ശാപം അവരുടെ വന്ന്